ഭാഗവതന്മാരുടെ ലിസ്റ്റ് നാരദ മഹർഷി പറഞ്ഞപ്പോ നാരദൻ തന്റെ സ്ഥാനം രണ്ടാമതാക്കിയിട്ടാണ് വെച്ചത് പ്രഹ്ലാദനാരദ പരാശര പുണ്ടരീക എന്നാരംഭിക്കുമ്പോ ആദ്യത്തെ പേര് പ്രഹ്ലാദന്റെ ആണ് ബച്ചന്മാരുടെ ശ്രേണിയില് കവച്ച ശിഷ്യൻ ഗുരുവിനും മേലെയുള്ള ആള് പ്രഹ്ലാദൻ പ്രഹ്ലാദനാണ് ഉത്തമസ്ഥാനം അങ്ങനെയുള്ള പ്രഹ്ലാദന്റെ ചരിത്രമാണ് സപ്തമസ്കന്ധത്തില് അതാരും പറയണം ആ കഥ ഓരോ കഥയ്ക്ക് ഓരോരോ വക്താവ് തെരഞ്ഞെടുത്തു ഭാഗവതം മൊത്തത്തില് സൂതം പറഞ്ഞു പരീക്ഷത്തിന് ശുഖാചാര്യര് പറഞ്ഞു വരാഹാവതാരം മുതലായിട്ടുള്ള കഥകളൊക്കെ മൈത്രേയ മഹർഷി വിതുരൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പഞ്ചമസ്കന്ധത്തിൽ വീണ്ടും പരീക്ഷിച്ച് പ്രഹ്ലാദ ചരിത്രം വന്നപ്പോ ഗുരു തന്നെ പറയണം നാരദൻ തന്നെ കഥ പറയണം ശങ്കരാചാര്യ സ്വാമികൾക്ക് ഒരു ശിഷ്യനുണ്ട് ഹസ്താമലകൻ ഹസ്താമലകൻ പാടിയ ഹസ്താമലകീയും ആചാര്യസ്വാമികൾ തന്നെ ഭാഷ്യം എഴുതി അതാണ് അതിന്റെ പ്രൗഢി അപ്പൊ ഇവിടെ പ്രഹ്ലാദന്റെ ചരിത്രം ശ്രീനാരദ മഹർഷി തന്നെ പറയുകയാണ് ഹിരണ്യാക്ഷേ പുത്രിപ്രപരവപുഷ ദേവഭവതാം ോകോധിതൃതിരെ തയ്യംഭിപുരമരാരാതിസീ പ്രതിജ്ഞാമതേനേതല വധർത്ത മധുരിപോ മുരരിപോ വരാഹാവതാരത്തില് ഭഗവാൻ ഹിരണ്യാക്ഷനോ വധിച്ചു അപ്പൊ തന്നെ ഹിരണ്യകശുവു അസുരസഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു പോകുന്നതാണ് ശോകക്രോധ ഗ്ലപിതധൃതി ശോകം കൊണ്ടും കോപം കൊണ്ടും വികാരഭരിതനായ ഹിരണ്യകശിപു അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു തവകില വധാർത്ഥം വിഷ്ണുവിനെ ഞാൻ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു അങ്ങനെ പ്രതിജ്ഞ ചെയ്ത ഹിരണ്യകശിപു കഠോരമായിട്ട് തപസ് ചെയ്തു മന്ധരാചലത്തിൽ विधातारं घोरं വിതാര ഘോരം സഖലു തപസി നിരത പുരസ്സാക്ഷാകുറൻ സുരനരമൃഗാദ്യൈ അനിധനം വരം ലബ്ധവാദൃ अहरतदिवं ഇന്ദ്രാദ് അഹരതവണ കഠോരമായിട്ട് തപസ് തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിൽ നിന്നും അനേക സിദ്ധികൾ വാങ്ങിച്ചു എന്താ സിദ്ധികൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ സൂരനര മൃഗദ്ധ്യൈഹി അനിധനം ദേവന്മാര് എന്നെ കൊല്ലരുത് മനുഷ്യര് കൊല്ലരുത് മൃഗങ്ങൾ കൊല്ലരുത് വീട്ടിനകത്ത് കൊല്ലരുത് പുറത്ത് കൊല്ലരുത് രാത്രി കൊല്ലരുത് പകൽ കൊല്ലരുത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതൊന്നും കൊല്ലരുത് ആയുധം കൊണ്ട് കൊല്ലരുത് ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത് ജീവൻ ഇല്ലാത്തത് കൊല്ലരുത് മൊത്തത്തിൽ മരണം വരാൻ പാടില്ലയെന്ന് വരം വാങ്ങിക്കണം പക്ഷെ അത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മരണത്തിന്റെ എല്ലാ വാതിലും അടക്കുക അതാണ് ബുദ്ധിയുള്ള ആളുടെ പണി മരണം ഏത് ദ്വാരത്തിലൂടെ വരും നോക്കി സകലദ്വാരവും അടച്ച ഒരാൾ ഒരു പെട്ടി ഉണ്ടാക്കി അതിനകത്ത് പൂട്ടിയിട്ട് കടന്നു അത്ര അപ്പോഴോ നേരെ കൊണ്ടുപോയി കുഴിച്ചിടാം അത് മരണം അപ്പൊ മരണം വരാതിരിക്കാൻ സകലദ്വാരങ്ങൾ ഒരു ചെറിയ എയർ ഗ്യാപ്പ് പോലും വയ്ക്കാതെ ഒരു പെട്ടി അതിനകത്ത് പൂട്ടിയിട്ട് ഉള്ളിലിരുന്നാൽ അതിന് മരണം വരില്ല ശബ്ദം പോലും കിടക്കാത്തപ്പെട്ടു അപ്പൊ അതുപോലെ ആണ് പെഹിണ്യകശ്യപു മരണത്തുനിന്ന് ജയിക്കാൻ വേണ്ടി വരം വാങ്ങിക്കുന്നത് എന്നിട്ട് സകല സുഖങ്ങളെന്ന് സമ്പാദിച്ചു മരണം വരാതിരിക്കാനുള്ള വഴിയൊക്കെ നോക്കുക സുഖങ്ങള് രണ്ടെണ്ണം ആണല്ലോ മനുഷ്യ സുഖിക്കണം പക്ഷെ സുഖിക്കുമ്പോ മരണം വരും പാടില്ല സുഖത്തിനിപ്പെല്ലാം ഏർപ്പാടും ഒക്കെ ആക്കിയിട്ടും ധാരാളം സമ്പാദിച്ചു സുഖിക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ എന്നിട്ട് ഒരു എഴുപത്തി അഞ്ച് ഒരു ബംഗ്ലാവും കെട്ടി വിചാരിച്ച പോലെ കാറ് വാങ്ങിച്ചു ജോലിക്കാരോ ഇനി സുഖിക്കാൻ സമയമില്ല ജ്യോതിസിയെന്ന് നോക്കുമ്പോ ആ കഴിയാനായിരിക്കണം ഈ സമ്പാദിച്ചതൊക്കെ വ്യർത്ഥമായി തോന്നുന്നു ജ്യോതിഷി നോക്കുമ്പഴേ ദശകളൊക്കെ കഴിഞ്ഞ് ഇനി ശിഷ്ടം ചിന്തം എഴുതിയിരിക്കണോ അവിടെ അവിടെ എത്തിയപ്പോ അവിടെ എത്തിയപ്പോ പഴയ ജാതകക്കൂറി തൽക്കുറിയൊക്കെ എടുത്ത് നോക്കുമ്പോ അതുവരെ ഉള്ളതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇനി ഒന്ന് സ്വസ്ഥമായിട്ടൊന്നും സുഖിക്കാന്ന് വിചാരിക്കുമ്പോ സുഖിക്കാനോട്ട് ശക്തിയൊന്നുമില്ല എന്നാലും ഒന്ന് കഴിയണതൊന്ന് പരിശ്രമിക്കാന്ന് പറയുമ്പോഴാണ് തൽക്കുറി എടുത്ത് നോക്കുമ്പോ ശ്രഷ്ടം ചിന്തിക്കും അതായത് കഴിഞ്ഞു നടത്താം ഏകദേശം പറയാൻ പാടില്ലല്ലോ അപ്പൊ അപ്പ മുതൽ പേടി അപ്പൊ അങ്ങനെ പാടില്ല സുഖിക്കാനുള്ള വസ്തുക്കളൊക്കെ വേണം വേണം സുഖിക്കൂ മാ അതിന് കുറവ് വരാൻ പാടില്ല ഇത് രണ്ടാണോ മനുഷ്യന്റെ ആവശ്യം വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയില് ഉള്ളപ്പോ അവിടെ യുക്തിവാദത്തിന്റെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി പേര് മറന്നുപോയി അപ്പൊ അദ്ദേഹം വിവേകാനന്ദ സ്വാമിയോട് വർത്തമാനം പറയുമ്പോ സംവാദം ചെയ്യുമ്പോ സ്വാമിയോട് പറഞ്ഞു ഞങ്ങള് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ സുഖമൊക്കെ ഒരു ഓറഞ്ച് പോലെയാണെങ്കില് അതിന്റെ അവസാന ചാറു വരെ പിഴിഞ്ഞു കുടിക്കണതിൽ വിശ്വസിക്കണവരാണ് നിങ്ങൾ ഈശ്വരൻ അതേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആസ്വദിക്കാനേ നിങ്ങൾക്ക് പറ്റണില്ലാന്നൊക്കെ പറഞ്ഞു വിവേകാനന്ദ സ്വാമിയോട് അദ്ദേഹം പറഞ്ഞു അപ്പോ സ്വാമി പറഞ്ഞു നിങ്ങളുടെ ആസ്വാദനമൊക്കെ എനിക്കറിയാം വീട്ടില് അടുക്കളയിൽ പുറംവാതിലൂടെ ഉള്ളിൽ കയറിയ പട്ടിയെ പോലെയാണ് നിങ്ങൾ പട്ടി എന്തെങ്കിലും തിന്നുമ്പോ ഒരു ആസ്വാദനവും ഇല്ല എപ്പൊ അടികൊള്ളുവോ എപ്പൊ ആരും വരുമോ പേടിച്ച് പേടിച്ച് പേടിച്ച് പേടിച്ച് തിന്ന അതുപോലെ മരണത്തിന് ഇപ്പൊ വരുമോ അപ്പൊ വരുമോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങളുടെ അനുഭവമൊക്കെ അതിലൊരു രസവുമില്ല നേരെ മറിച്ച് എനിക്ക് യാതൊരു ധൃതിയും ഇല്ല പേടിയുമില്ല കാരണം എനിക്ക് മരണമില്ല എന്ന് നല്ലവണ്ണം അറിയാം മരണത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോനെ വിഭിമ്യഹം എന്ന് പരീക്ഷത്ത് പറഞ്ഞ പോലെ മൃത്യുവിനെ ഒട്ടും പേടിയില്ല മൃത്യുഹു യ ഉപസേചനം മൃത്യുവിനെ പോലും ഞങ്ങൾ മിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് യാതൊരു ധൃതിയുമില്ല അപ്പൊ മൃത്യുവിനെ ജയിക്കണമെങ്കിൽ എന്തുവേണം ആത്മതത്വം കണ്ടെത്തണം ഹിരണ്യകശിപു ആയാൽ അത് പറ്റില്ല ഹിരണ്യകശിപുവിന് ജടത്തിനെയേ അറിയണം ഈ തപസ് കൊണ്ടൊക്കെ കുറെ സുഖങ്ങൾ സമ്പാദിച്ചു നമ്മൾ ഇന്ന് ആധുനിക ശാസ്ത്രം ഹിരണ്യകശിപു ആണ് എല്ലാവിധത്തിലും വളർന്ന് വികസിച്ച് ഒരു വശത്ത് പരിക്ഷുന്ദന് ഇന്ദ്രാദര ദിവം ഇന്ദ്രനിൽ നിന്നും സ്വർഗം പിടിച്ചെടുത്തു പിടിച്ചെടുത്തില്ലേ ഇപ്പോ ആലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ സ്ഥിതി ആലോചിച്ചാൽ ഇപ്പൊ എന്തു സുഖം എല്ലാവിധത്തിലും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അമരാവതിയൊക്കെ ഭൗമാനി സ്വർഗവ്യപദേശാനി എന്ന് പഞ്ചമസ്കന്ധത്തിലെ മറ്റു ഭൂഖണ്ഡങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഭാരതമല്ലാത്ത ഭൂഖണ്ഡങ്ങളൊക്കെ ഭൂമിയിലുള്ള സ്വർഗ പലതും അപ്പൊ ഇപ്പൊ അങ്ങനെയാണ് പല സ്ഥലത്ത് പോയാൽ എന്തൊക്കെ മനുഷ്യന്റെ ഭാവനയിൽ സുഖമുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട് പക്ഷെ വെറും ഭ്രമം അത്രയേ ഉള്ളൂ ഒന്നും സുഖിപ്പിക്കില്ല ഈ സുഖമൊക്കെ പുറമേക്ക് എന്നല്ലാതെ സുഖിപ്പിക്കില്ല ശാന്തി ഉള്ളിലല്ലേ വേണ്ടത് പുറമേക്ക് സുഖമൊന്നുമില്ല ഇതൊക്കെ ഉണ്ടാവും അത്ഭുതമായിട്ടുള്ള നഗരങ്ങളും അതും ഇതും സുഖവസ്തുക്കളും ഒക്കെ കൊണ്ട് നിറച്ചിട്ട് എന്ത് സുഖം എന്ത് ശാന്തി എവിടെ സുഖം അപ്പോ പരീക്ഷുന്ദി ഇന്ദ്രാദഹര ദിവം എല്ലാ സുഖ സൗകര്യങ്ങളും നേടിത്തന്നിരിക്കും വേറെ ഒരു വശത്ത് മരണം വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഏർപ്പാടുകളൊക്കെ ആസ്പത്രികളും അവിടെ പല കാര്യങ്ങളും അല്ലെ വെച്ചിട്ടുണ്ട് മരണം വരാതിരിക്കോ എവിടെയാണെങ്കിലും എങ്ങനത്തെ ആസ്പത്രിയാണെങ്കിൽ തൽക്കാലത്തിൽ ആസ്പത്രിക്ക് എന്ത് ചെയ്യാം നമുക്ക് തൽക്കാലം വ്യാധി വരുമ്പോ കുറച്ചൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാം അത്രയോ പറ്റുള്ളൂ അല്ലാതെ മരണത്തിന് ജയിക്കാൻ പറ്റുമോ തൊണ്ണൂറ് വയസ്സായ ശേഷം മരണത്തിന്റെ കിടക്കയിലെത്തിയിരിക്കുമ്പോ അവിടെ കൊണ്ടുപോയിട്ട് ഇനിയും മരിക്കാതെ വില വഴിയുണ്ടോ നോക്കിയാൽ നടക്കുവോ ഒന്നും നടക്കില്ല പോകേണ്ട സമയമായാൽ ഏതു വയസ്സ് ശരി ഏതു വയസ്സിലാണെങ്കിലും യമം ഒന്നും വിളിക്കുന്ന സമയത്ത് വൈദ്യം വിചാരിച്ചാ ഒന്നും ഈ ചിമ്മ്യാനന്ദ സ്വാമിയുടെ ഗുരു സ്വാമി തപോവനം അദ്ദേഹത്തിന് അവസാന കാലത്ത് ശരീരത്തിന് കുറച്ച് വയ്യാതായപ്പോ ഹിമാലയത്തിൽ ഉത്തരകാശിയിൽ സുഖമായി ജീവിച്ചതാണ് ശാന്തമായിട്ട് അപ്പൊ ചിന്മയാനന്ദ സ്വാമിയും മറ്റു പല ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ജീപ്പും അതുമൊക്കെ ആയിക്കൊണ്ടുപോയിട്ട് സ്വാമികളോട് പറഞ്ഞു ഞങ്ങള് ഇംഗ്ലണ്ടില് ചികിത്സക്ക് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് സ്വാമി വരണം സ്വാമി ചിരിച്ചോണ്ട് ചോദിച്ചു ഇംഗ്ലണ്ടിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ലേ അവിടെ ഇതുവരെ ആരും മരിച്ചിട്ടേ അവിടെ പോയി കഴിഞ്ഞാ എന്താ ഇതേപോലെ തന്നെ സകലിടത്തും എല്ലായിടത്തും ഒരു വിശേഷല്ല പക്ഷെ ഇതൊരു ഭ്രമം ഹിരണ്യകശ്യപു മരണത്തിനെ ജയിക്കാനുള്ള വരമൊക്കെ വാങ്ങിച്ചു വെച്ചുഹു അദ്ദേഹത്തിനെ അറിഞ്ഞില്ല ഈ വരങ്ങളൊക്കെ വാങ്ങിച്ചാലും മരണം വരും എന്തു മരം വാങ്ങിച്ചാലും മരണം വരും ഇന്ദ്രനിൽ നിന്നും സ്വർഗവും പിടിച്ചെടുത്തു അതായത് സുഖിക്കാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നർത്ഥം ഇത് രണ്ടും ഉണ്ടെങ്കിലും മനുഷ്യന് സമാധാനം എങ്ങനെയുണ്ടാവും ഇത് രണ്ടും ഇല്ലാത്ത ആള് സുഖമായിട്ടിരിക്കും രണ്ടുമില്ലെങ്കിലും സന്തോഷമായിട്ടിരിക്കാം ഇതൊക്കെ ഉണ്ടെങ്കിലും സുഖത്തിന്റെ ഉറവിടമറിയാതെയാണ് പുറത്ത് പഞ്ചഭൂതങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സുഖിപ്പിക്കാൻ ശ്രമിക്കണത് ഈയിടെ ആരോ പറഞ്ഞു ദുബായിൽ എവിടെയോ സമുദ്രത്തിന്റെ ഉള്ളിൽ ഹോട്ടൽ ഉണ്ട് അത്രേ അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു മാസത്തെ ശമ്പളം കൊടുത്തിട്ട് ദോശ തോന്നിട്ട് വന്നു എന്ത്മാണെന്ന നോക്കൂ എന്തൊരു വിഡിത്തം ഒരു മാസത്തെ ശമ്പളം കൊടുത്തിട്ടെ എന്നിട്ട് ആ ദോശക്ക് പ്രത്യേക സ്വാദ് വ്യത്യാസം ഉണ്ടോ ഒന്നുമില്ല ഇനിയിപ്പൊ സ്വാദും ഉണ്ടെങ്കിലും രക്ഷയില്ല ഇനി ഒരു പ്ലേറ്റ് കഴിക്കണമെങ്കിൽ അടുത്ത മാസത്തെ ശമ്പളം അതാണ് കഷ്ടം അപ്പൊ എന്ത് വിഭ്രാന്തിയാണത് ഒന്നുമില്ല വീട്ടിലിരുന്ന് കഴിച്ചാൽ അവിടെ ഇരുന്ന് കഴിച്ചാലും ഒരുപോലെ തന്നെ അല്ലേ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഹോട്ടൽ ഉണ്ടാക്കി വലതു മാറുമോ അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ആധുനിക ലോകത്തിലെ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇന്ദ്രനിൽ നിന്നും സ്വർഗാദികള് പിടിച്ചെടുത്തു ഈ ലോകത്തിനെ മുഴുവൻ തന്റേതാണെന്ന് കരുതി ഇനി വിഷ്ണുവിനെ ജയിക്കണം അതാണ് അടുത്ത പടി നിഹം തും ത്വാം ഭൂയാം തവപദമാപ്തരിപ്പോ ൃേ അന്തർദ സൂക്ഷ്മവുഷാ നദൻ ഉച്ചൈ തഖിഭുവനത്തെ ചൃഗയൻ ഭിയാത സലു ജിതകാശീ നിവൃത്തെ ുംവപദമിപ്പോ ഭഗവാൻ എവിടെയല്ലാത്തത് തവപദം എന്ന് വെച്ചാൽ വൈകുണ്ഠത്ത് പോണമെന്നൊന്നുമില്ല സർവത്ര വിഷ്ണു എന്ന് വെച്ചാൽ വ്യാപിച്ചു നിൽക്കണ വസ്തു സർവ്വത്ര കൊണ്ട് ഇവൻ സർവത്ര വിഷ്ണുവിനെ തെരഞ്ഞു അത്രേ ഒരിടത്തും കാണാനില്ല അതാണ് എന്റെ സ്വഭാവം എന്നാണ് ഭഗവാൻ പറയണത് ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ സ്ഥാനം അറിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെ നോക്കിയാലും കാണില്ല ഞാൻ ആരാണെന്ന് അറിഞ്ഞ് എന്റെ സ്വരൂപം അറിഞ്ഞാൽ എവിടെ നോക്കിയാൽ എന്നെ അല്ലാതെ ഒന്നിനെയും കാണില്ല ഇവൻ സർവത്ര നോക്കി നിഹന്തു ത്വാംഭൂയ തവവദമവാപ്തരി പോ വൈകുണ്ഠത്തിൽ പോയി നോക്കി എവിടെ വിഷ്ണു പാതാളത്തിൽ പോയി നോക്കി എവിടെ വിഷ്ണു കാണാനില്ല എന്താന്ന് വെച്ചാൽ ബഹിർദൃഷ്ടേ ഇവന് ദൃഷ്ടി ഇങ്ങനെയാണ് ഇങ്ങനെ പോവില്ല ഉള്ളിലേക്ക് പോവില്ല അന്തർമുഖമാവില്ല ബഹിർമുഖ സുതുർലഭായ് നാം അന്തർമുഖ സമാരാധ്യായീനമ അന്തർമുഖമായിട്ടുള്ളവർക്ക് പ്രകാശിക്കുന്നതും ബഹിർമുഖമായിട്ടുള്ളവർക്ക് ഒരു കാലത്തും കിട്ടാത്തതുമാണ് ബ്രഹ്മം ഇവൻ പുറമേക്കേ നോക്കിക്കൊണ്ടിരിക്കണം അല്ലെ കിട്ടിയില്ല എന്നാണ് കാണാനില്ല വിഷ്ണു എന്നെ കണ്ടു ഓടിപ്പോയി വിഷ്ണു ഇല്ല ഈശ്വരനെ അന്വേഷിച്ച് അന്വേഷിച്ച് കാണാനില്ല പ്രപഞ്ചത്തിന്റെ പരമകാരണത്തിനെ അന്വേഷിച്ച് വസ്തുവിനെ വിശകലനം ചെയ്തു വിശകലനം ചെയ്ത് വിശകലനം ചെയ്ത് മോളിക്യൂൾ ആക്കി മോളിക്യൂളിന്റെ ഉള്ളിൽ ആറ്റമാക്കി ആട്ടത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണ് ന്യൂട്രോണ് ഉള്ളിലുള്ളിൽ പോയി എവിടെ പരമകാരണം കാണാനില്ല സൂക്ഷ്മത്തിന്ന് സൂക്ഷ്മം അണോഹോ അണിയാൻ പോയി നോക്കി പരമകാരണത്തിനെ കാണാനില്ല വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ച് പരത്തി നോക്കി എന്തൊക്കെയോ കണ്ടുപിടിച്ചു ഗാലാക്സീസൊക്കെ തെരഞ്ഞു ഇത് പുതിയ ഒരു ഗ്രഹം കണ്ടുപിടിച്ചു എന്നാണ് ഈയിടെ പത്രത്തിലുണ്ടായത് എത്രയോ കോടി പ്രകാശ വർഷം ദൂരത്തില് എന്നോ പൊലിഞ്ഞുപോയ നക്ഷത്രത്തിനും ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം കണ്ടുപിടിച്ചു എന്തു വിശേഷം അല്ല കണ്ടുപിടിച്ചതിനു കുറ്റം പറയല്ല എന്തു വിശേഷം കണ്ടുപിടിച്ചത് കൊണ്ട് സമാധാനം ഉണ്ടായോ ശാന്തി ഉണ്ടായോ നാളെ മുതൽ ലോകത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു ഇതെ കണ്ടുപിടിച്ചവന് തന്നെ ജീവിതത്തിലുള്ള പ്രശ്നം അവസാനിച്ചു ഒന്നുമില്ല അപ്പോ ഇങ്ങനെ പരന്നുപോയി അവിടെ എവിടെയും കാണാനില്ലേ അപ്പൊ പരന്നന്വേഷിച്ചിട്ടും കിട്ടിയില്ല ചൂഴന്നന്വേഷിച്ചിട്ടും കിട്ടിയില്ല എന്താന്ന് വെച്ചാൽ അന്വേഷിക്കണവൻ അന്വേഷിക്കണവനെ വിട്ടുകളഞ്ഞു തന്നെ ഒഴിച്ച് ബാക്കിയുള്ളതിലൊക്കെ അന്വേഷിച്ചു തന്നിലൊഴിച്ച് ബാക്കിയുള്ളതിലൊക്കെ തന്നെ ഒഴിച്ച് ഈ അന്വേഷിക്കണതാണ് ആരോ എന്ന് ചോദിച്ചില്ല എല്ലായിടത്തും അന്വേഷിച്ച് നടക്കണു പുതിയത് പുതിയതായിട്ട് കണ്ടുപിടിക്കണു പക്ഷെ കണ്ടുപിടിക്കണവൻ ആരാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന കണ്ടുപിടിക്കുന്ന ആൾ ആരാണ് കണ്ടുപിടിക്കണ തന്നെ വിട്ടിട്ടാണ് ബാക്കിയുള്ളതിനൊക്കെ തരീണത് അവനെയും ഇവനെയും അതിനെയും ഇതിനെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാറ്റിനും പുറകിലുള്ള ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ച് അന്വേഷിക്കാൻ വയ്യ അന്വേഷിച്ച ശാന്തി പരമശാന്തി പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ഇവിടെ ഒന്നും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്താനുമില്ല ഒന്നും നേടിയെടുക്കാനും ഇല്ല നഷ്ടപ്പെടാനുമില്ല നിർവൃത്തി പക്ഷെ ആ നിർവൃത്തി എന്തുകൊണ്ടുണ്ടാവണില്ലെന്ന് വെച്ചാൽ ഒരിക്കലും ശ്രദ്ധ തന്നിൽ തിരിയണില്ല എല്ലാത്തിനെയും ശ്രദ്ധിക്കണ താനാരാണ് എല്ലാത്തിനെയും പുറകിലുള്ള ഈ ഞാൻ എന്നുള്ളത് എന്താണ് എന്റെ സ്വരൂപം എന്താണെന്ന് മാത്രം അന്വേഷിക്കാതെ പോയി ജീവിതം അങ്ങനെ അവസാനിച്ചു പോകും അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ആകാശത്തിന് ചുരുട്ടി പാക്കറ്റിലിട്ടാലും സമാധാനം കിട്ടില്ല എന്നാണ് ഇതാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാ അങ്ങനെയാണെങ്കിൽ പോലും ആത്മാവിനെ കണ്ടെത്തിയില്ലെങ്കിൽ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ തന്റെ സ്വരൂപം എന്തെന്ന് സമാധാനം ഉണ്ടാവല്ലോ അപ്പൊ ആ സമാധാനം ഇരണ്യകശിപുവിന് എവിടുന്ന് കിട്ടും ഇരണ്യകശിപു സകലടത്തും അന്വേഷിച്ചു നദൻ ഉച്ചയ് ഞങ്ങൾ അത് കണ്ടെത്തി ഇതെന്ത് കണ്ടെത്തി രണ്ടത്തന്തോറും അപകടം ഏറിയേറിക്കൊണ്ടിരിക്കണം നമ്മളൊക്കെ ഇന്നിപ്പോ അപകടത്തിന്റെ മേലെ ഇരിക്കുകയാണ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് മഹാ അപകടം എല്ലാത്തിനും കുഴപ്പങ്ങളുണ്ടെന്നാണ് ഇപ്പൊ സകലതും കുഴപ്പം എല്ലാം മോഡേണൈസ് ചെയ്ത് ചെയ്ത് നേരെ ചൊവ്വ പാല് കിട്ടണില്ല പാല് പോയിട്ട് പശു പോലും നേരെ ചൊവ്വ കിട്ടണില്ല അത്രയായിരിക്കണം പശു പോലും പ്രസവിക്കുന്നത് ശരിയായ രീതിയിലല്ല ഇതാണ് നമ്മളുടെ വളർച്ച എല്ലാത്തിനെയും അശുദ്ധപ്പെടുത്തി കഴിഞ്ഞു അപ്പോ ഇങ്ങനെ ഹിരണ്യകശവും പലതും കണ്ടെത്തി ബഹിർദൃഷ്ടിയാണ് എല്ലാം പുറമേക്കേ ദൃഷ്ടി അപ്പൊ എന്താ ബഹിർദൃഷ്ടിയാവുമ്പോ സ്വാർത്ഥത പെരുത്തു പെരുത്തു വരും അന്തർദൃഷ്ടിയാവുമ്പോഴാണ് മനുഷ്യന് കാരുണ്യം ദയാ സർവഭൂത സുഹൃദ്ഭാവം ശാന്തി സമാധാനം ഇതിന്റെയൊക്കെ ആവശ്യം വരിക ബഹിർദൃഷ്ടിക്ക് അഹങ്കാരത്തിന്റെയാണ് ആവശ്യം വരിക അപ്പോഴാണ് പേരും പെരുമയും സ്ഥാനമാനങ്ങളും അതിന്റെയൊക്കെ ഫലമായിട്ട് അസൂയയും ദ്വേഷവും ദമ്പവും ഒക്കെ പെരുത്തു പെരുത്തുവെ ആസുരീ സമ്പത്ത് ദൈവീ സമ്പത്ത് ഭഗവാൻ ഗീതയിൽ അങ്ങനെയാണ് പെരിച്ചത് ആസുരീ സമ്പത്തും ദൈവീ സമ്പത്തും അപ്പൊ ആസുരീ സമ്പത്ത് പെരുത്ത ആളാണ് ഹിരണ്യകശിപു അങ്ങനെ ഹിരണ്യകശിപു വിഷ്ണുവില്ല എന്ന് പറഞ്ഞു വന്നു അങ്ങനെയുള്ള പൊത്തോസ്യ പ്രഹ്ലാദ സമജനി അതെങ്ങനെയാണ് അതാ മനസ്സിലാവാത്ത ഇങ്ങനെയൊക്കെയുള്ള ആൾക്ക് പ്രഹ്ലാദം ജനിച്ചു പ്രഹ്ലാദം പ്രഹർഷണമുള്ള ആനന്ദമുണ്ടായിരുന്നു ഭഗവാൻ അങ്ങനെയൊക്കെ പരിഹസിക്കും നമ്മളെ ഇയാള് ഒരു രാജ്യ പരിപാലനം നടത്തണു നാട്ടിലെവിടെയും നാമം ചൊല്ലരുത് ജപിക്കരുത് ഈശ്വരനെക്കുറിച്ച് പറയരുത് അതൊഴിച്ച് ബാക്കിയൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാം കുട്ടികൾക്കൊക്കെ പണം സമ്പാദിക്കാനുള്ള വഴിയും ആട്ടം ബോംബ് ഉണ്ടാക്കാനുള്ള വഴിയും വീട്ടിലിരുന്നിട്ട് എങ്ങനെ ബോംബുണ്ടാക്കാമെന്ന് പഠിപ്പിക്കാം അതുവരെ എത്തിയിട്ടുണ്ട് ഇപ്പം കയ്യിൽ തോക്കും കൊണ്ട് സ്കൂളിലേക്ക് പോണ സംസ്കാരം തൽക്കാലം കേരളം വരെ എത്തിയിട്ടില്ല ഞാൻ തോന്നുന്നു ബാക്കി ഒരുപാട് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു തോക്കും കൊണ്ട് സ്കൂളിലേക്ക് പോവുക അതുവരെ എത്തിയിട്ടുണ്ട് അതൊക്കെ പഠിപ്പിക്കാം പക്ഷേ ഈശ്വരനെ കുറിച്ചോ അറിയോ അതൊക്കെ സെക്യുലറിസ്യത്തിന് വിരോധം അതൊന്നും നമുക്ക് പറ്റിയതല്ല നോക്കണം നമ്മളൊന്നും ഇനി ഗവൺമെന്റിനെ ആശ്രയിച്ചിരുന്ന കുട്ടികൾ നശിച്ചു പോവും സമൂഹത്തിനെ ആശ്രയിച്ചാൽ കുട്ടികൾ നശിച്ചു പോവും അമ്മയും അച്ഛനും വലിയ ചുമതലയുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തിയിട്ട് ഈശ്വര വിദ്യയെ പഠിപ്പിക്കണം അല്പം കുട്ടികൾ തോറ്റു പിൻവാങ്ങിയാലും കുഴപ്പമില്ല നമ്മളുടെ ചുമതലയാണ് അത്രയും തന്നെ പറയാ വെള്ളം ചേർക്കാതെ പറയാം ഈ വിദ്യാഭ്യാസം നമ്മളെ നശിപ്പിക്കും നമ്മളുടെ സംസ്കാരം നശിപ്പിക്കും ഇനി വരാൻ പോണ തലമുറകൾ മുഴുവൻ നശിക്കും അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് കുട്ടികളെ കുറച്ചൊക്കെ ഇതൊക്കെ പഠിപ്പിക്കണം നമുക്ക് ഗവൺമെന്റ് പഠിപ്പിക്കുമെന്നോ സ്കൂളുകൾ പഠിപ്പിക്കുമെന്നോ കാത്തിരിക്കാൻ പറ്റില്ല റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന സ്കൂളുകളടക്കം ഒഴുകുന്ന ഒഴുക്കിൽ ഒഴുകുകയാണെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല അപ്പൊ അച്ഛനും അമ്മയും പഠിപ്പിക്കണം വീട്ടിലുള്ളവർ പഠിപ്പിക്കണം നാട്ടിലുള്ളവരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല വീട്ടിലുള്ളവർ പഠിപ്പിക്കണം ഈ വിദ്യ മാത്രം കൊടുക്കണം ബാക്കിയൊക്കെ അവൻ സമ്പാദിച്ചോളും എത്ര കണ്ട് പ്രാരബ്ധത്തിന് വേണോ അത്ര കണ്ട് ബാക്കിയുള്ള വിദ്യകളൊക്കെ അവരവർ സമ്പാദിച്ചിട്ടോളൂ ഈ വിദ്യ വീട്ടിലിരുന്ന് കൊടുക്കണം ബാക്കി ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഹിരണ്യകശിപൂവിന് തോസ്യപ്രഹ്ലാദ സമജനിസുത്തൂം ഗർഭവസതവും മുനേഹേ വീണാപാണേ അധിക ഭക്തിമഹിമാവൈ ജാത്യാദൈത്ശുര സമേത്യൈരതി ഭക്തം വരദ തതോസ്യ പ്രഹ്ലാദ സമജനി അങ്ങനെയുള്ള ഹിരണ്യകശ്യപുവിന് പ്രഹ്ലാദൻ എന്നൊരു പുത്രൻ ഉണ്ടായി ഇങ്ങനെയുള്ള പുത്രൻ എന്ന് വെച്ചാ പ്രഹ്ലാദോ ഭൂന്മഹാന് ുണൈ മഹതുപാസകശീലസമ്പന്നോ ദൃഢവ്രത പ്രഹ്ലാദോ അഭൂന്മഹാൻ തേം പ്രഹ്ലാദൻ മഹാനായിരുന്നു എന്നാണ് മഹാൻ മഹാത്മാന ജന്മനൈവ സാത് കർമ്മാനവർഹ്യചിത് എന്നൊരു ചൊല്ലുണ്ട് ചിലരൊക്കെ ജനിക്കുമ്പോ അങ്ങനെ ജനിക്കണം അങ്ങനെയുള്ള പ്രഹ്ലാദൻ കൊച്ചു കുട്ടിയായിരിക്കുമ്പോ തന്നെ ഭക്തി വളർന്നു അതെങ്ങനെയാ എന്നുള്ളത് ഇവിടെ പറയാം പ്രഹ്ലാദൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഭക്തി വളർന്നു നാരദ മഹർഷിയുടെ അനുഗ്രഹം ആ കഥ ഇവിടെ തന്നെ ഭട്ടദരി പറഞ്ഞു മുനേ വീണാപാണേ അധികത്തെ ഭവത്ഭക്തി മഹിമ വീണാപാണി സാമാന്യപ്പെട്ട ആളല്ല വീണാപാണി മഹാകുറുമ്പൻ നാരദ മഹർഷിയുണ്ടല്ലോ അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു ഈ ഹിരണ്യകശിപൂവിന് ഒരു കുട്ടി ജനിക്കണം കുട്ടി ഭക്തിയോടെ ജനിക്കണം അതിനെന്താ വഴി അച്ഛനും നാരായണനാമം ചൊല്ലണം അമ്മയും നാരായണനാമം ചൊല്ലണം അല്ലെങ്കിൽ കേൾക്കുമെങ്കിലും വേണം ചൊല്ലിയിട്ടില്ലെങ്കിൽ അമ്മയ്ക്കും ആത്മതത്വം ഉപദേശിക്കണം അച്ഛനും ഭക്തിയും ഉപദേശിക്കണം അച്ഛൻ കേൾക്കില്ലല്ലോ നാട്ടിൽ മുഴുവൻ ഒരിടത്തുപോലും നാരായണായ നമഹ എന്ന് പറയാൻ പാടില്ലാന്ന് റൂൾ കൊണ്ടുവന്നിരിക്കാം എല്ലാരും ഹിരണ്യായ നമഹ ഹിരണ്യം എന്ന് വെച്ചാൽ അതെ വിത്തമുണ്ടാക്കാനുള്ള വഴി അത് മാത്രമേ പാടുള്ളൂ എന്നാണ് അങ്ങനെയുള്ളൂ ഇപ്പൊ നാരദ മഹർഷി വന്നു അതിനാണത്രേ കയ്യിൽ വീണ വെച്ചോണ്ടിരിക്കണത് എന്താന്ന് വെച്ചാൽ ചിലര് പാടിയാ കേൾക്കില്ല വായിച്ചാ കേൾക്കും അങ്ങനെയുണ്ട അപ്പൊ നാരദ മഹർഷി വന്നു ഹിരണ്യകശുവിന്റെ സദസ്സിൽ വന്നു എനിക്ക് അങ്ങയുടെ സദസ്സിൽ ഞാൻ പുതിയതായിട്ട് കീർത്തനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ വാക്കുകളില്ല ട്യൂൺ മാത്രമേ ഉള്ളൂ അപ്പൊ പാടിയാ വേണ്ടില്ലെന്ന് തോന്നുന്നു ഹിരണ്യകശിപു ശരി ആറ് ടു ആറര കച്ചേരി ആറ് മുപ്പത്തഞ്ചാവാറില്ല ശരി നാരദ മഹർഷി സദസ്സിൽ വന്ന് വീണ വെച്ചു നാരായണ നാരായണ ആരായണ നിരണ്യകശിപു സേഷ് നാരായണ നാരായണ ആറര മണി ഒരേ കീർത്തനം ഒരേ കീർത്തനം ഇത് കഴിഞ്ഞപ്പോ ഇരണ്യകശിപു പറഞ്ഞു ഡെയിലി സിക്സ് ടു സിക്സ് തേർട്ടി ഇവിടെ കച്ചേരി വേറെ ഒരിടത്ത് ഏൽക്കരുത് ഇതേ പാട്ട് അങ്ങനെ ഒരു ഒരു മാസം നാരായണനാമം കച്ചേരി നാരദ മഹർഷിയുടെ മകൻ വീണയല്ല അങ്ങനെ കഴിഞ്ഞപ്പോ ഇരണ്യകശിപു പറഞ്ഞു അത്രേ നാരദ മഹർഷിക്ക് സംശയം പാട്ടൊന്ന് മാറ്റി വായിച്ചാലോ ഒരു ദിവസം ഒന്ന് മാറ്റി വായിച്ചു നോക്കിയപ്പോ ഇരണ്യകശിപു ഏ നിർത്താം ഇന്നലെ വായിച്ച പാട്ട് അതേ പാട്ട് വായിക്കണം ഇത് എന്താണ് വെറുതെ പാട്ട് മാറ്റണത് ഇതൊക്കെ ഭക്തന്മാർ കൽപ്പനകളാണേ ഭാവനകൾ നാരദ മഹർഷിയുടെ ഒരു ജോലി വേണമല്ലോ അതാണ് വീണയും വെച്ചോണ്ട് നടങ്ങ ആ വീണാപാണി ഒരിക്കൽ ഹിരണ്യകശിപു തപസ് അന്ധരാചലത്തിൽ പോയപ്പോ ഇന്ദിരൻ അസുരന്മാരെ ആക്രമിച്ചു ദേവസത്ത് സൈന്യം അപ്പോ ഇരണ്യകശിപുവിന്റെ ഭാര്യ കയാൽ ഗർഭിണിയാണ് പ്രഹ്ലാദൻ ഗർഭത്തിലോണ്ട് ഓഹ് ഇവൾ പ്രസവിച്ച നാളെ ഇനിയൊരു ഇരണ്യകശിപു വന്നാൽ സഹിക്കാൻ വയ്യവളെ അപഹരിച്ചുകൊണ്ടുപോയി ആ ഗർഭത്തിൽ നിന്ന് തന്നെ ഇവളെ വിട്ടുകളയാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ കൊണ്ടുപോവാണ് പോകുന്ന വഴിയിൽ നാരദമഹർഷി പിടിച്ചു നാരദ മഹർഷി പറഞ്ഞു ഇവളുടെ ഗർത്തിൽ അസുരനല്ല പരമഭാഗവതനായ പ്രഹനമാണ് ഇവിടെ എനിക്ക് വിട്ടുതരൂ ഈ വാർത്ത അറിഞ്ഞ ഇന്ദ്രൻ കാര്യമറിഞ്ഞ ഇന്ദ്രൻ കയാധൂവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് പോയി അങ്ങനെ നാരദ മഹർഷി ആശ്രമത്തിലേക്ക് ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു കയാതൂവിനെ നാരദ മഹർഷി ഒരു സയന്റിസ്റ്റ് അദ്ദേഹവും കുറെ കാലമായിട്ട് പൂർണ്ണമായിട്ട് ഈ ബ്രഹ്മ ബോധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിങ്ങനെ എക്സ്പെരിമെന്റ് നടത്തുകയാണ് പലരി വിളിച്ചു നോക്കി ആദ്യം അദ്ദേഹം വിചാരിച്ചു എല്ലാം ജോലിയൊക്കെ കിട്ടി റിട്ടയറായ ശേഷം ഉള്ളവർക്ക് ഈ ഭാഗവത തത്വം ഭഗവത് തത്വം പറഞ്ഞു കൊടുത്താൽ അവർക്ക് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്രഹിക്കും എന്നു അങ്ങനെയുള്ളവരെയൊക്കെ ചെരുത്തി ഉപദേശിച്ചു അപ്പൊ അവരെയൊക്കെ ആ തലയാട്ടിക്കൊണ്ടി ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞിട്ട് നാര പ്രഭാഷണം കഴിഞ്ഞാൽ അവര് പറയും ആഹാ നിങ്ങൾ എന്ത് ഗംഭീര പോലെ ഒന്നു കേട്ടിട്ടേ ഇല്ലെന്ന് വളരെ പറയും എന്നിട്ടൊരു പോകും അത് തന്നെ അപ്പൊ നാരതാം ചെറുപ്പക്കാരെ പിടിക്കണം ചെറുപ്പക്കാരെ പിടിച്ചാൽ അവർക്ക് ഉപദേശിച്ചാൽ ഫലിക്കും അപ്പൊ യങ്സ്റ്റേഴ്സ് വേണം എന്ന് പറഞ്ഞ ഒരു യൂത്ത് ഫോം ഉണ്ടാക്കി അവർക്ക് ഉപദേശിച്ചു കാരണം ശബളാശ്വരന്മാർ ശബളാശന്മാരും മറ്റേ ഇവരുമൊക്കെ ആയിട്ട് ദക്ഷന്റെ മക്കളെ ഒക്കെ വിളിച്ചു ആ പപ്പ പത്ത് പതിനായിരം വേച്ചിട്ട് അവരൊക്കെ കേട്ടു എന്തൊക്കെയോ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അനേക സഹസ്രവർഷം തപസ് തപസ് ഒന്നും എളുപ്പത്തിൽ പിടിച്ചെടുക്കണമില്ല അപ്പൊ പാലാവുമ്പോഴേക്കും ഓരോ വിഷയവാസനകളും വിചാരങ്ങളും ഒക്കെ വന്നും ശരിയാവില്ല അല്ലെങ്കിലേ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടത് ഉദ്ദേശമേ ശുദ്ധമല്ല അലോചിച്ചു ചെറുപ്പ കുട്ടികൾ ചെറിയ കുട്ടികളെ പിടിക്കും ചെറിയ കുട്ടികളെ പിടിച്ചാൽ വധു അറിഞ്ഞ ആൾക്ക് ആർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അപ്പൊ കുട്ടികളെ പറഞ്ഞു കൊടുക്കാം അങ്ങനെയാണ് ധ്രുവനെ പിടിച്ചത് ധ്രുവനെ പിടിച്ചപ്പോഴേണ്ട നാരദന ആശ്ചര്യപ്പെട്ടുപോയി എന്താണെന്ന് വെച്ചാൽ ഭൂസ്പർശമേറ്റാൽ അജ്ഞാനം ബാധിക്കണം അതാണ് പ്രസവഗണിതബോധ പീഢയോല്ലംഘ്യ ബാല്യം അപില മഹർഷി പറഞ്ഞില്ലേ അതുപോലെ ധ്രുവനും ഇതാ പറയണു അപമാനിച്ചു എന്നെ ചിറ്റം അപമാനിച്ചു എനിക്കും ആ സ്ഥാനത്തിൽ ഇരിക്കണം അയ്യോ ആവേശിച്ചു നോക്കി കുഞ്ഞേ വേണ്ട ഈ നാഥു അവമാനം വാ സമ്മാനം വാപ്പി പുത്രകാലക്ഷമ കുമാരസ് സക്തസ്യ കീടനാധിഷു ഈ വയസ്സിൽ എന്ത് അവമാനം സമ്മാനം സർവഭൂതങ്ങളിലും ആത്മാവല്ലേ ഉള്ളത് ഏയ് വാശി ശരി ഈ പറഞ്ഞു കൊടുത്തു അതാണ് ധ്രുവൻ കരഞ്ഞത് പിന്നാലെ അപ്പൊ ആലോചിച്ചു നാരദൻ ശരിയാവില്ല വയറ്റ് പുറത്തിറങ്ങാൻ അനുവദിക്കരുത് അതിനു മുമ്പ് പിടിക്കണം ശരിയാവോ നോക്കാം അങ്ങനെയാണ് ഇപ്പൊ പ്രഹ്ലാദനെ കയാധുവിനെ ഗർഭിണിയായി കൂട്ടിക്കൊണ്ടുപോയി ആശ്രമത്തിൽ കൊണ്ടിരുത്തി കയാതുവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ബ്രഹ്മതത്വം ഉപദേശിച്ചു തരാം കയാതു വളരെ ഭക്തിയോടെ നമസ്കരിച്ചിരുന്നു പക്ഷെ പാവം പല അനേക കുടുംബ അനുഭവങ്ങളും ഒക്കെ കഴിയുമ്പഴേക്കും ബലം കുറയും ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറക്കും കയാതു ഇങ്ങനെ കേട്ടു കേട്ട് ഉറങ്ങിന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തു ശരീരം വേറെ ആത്മാ വേറെ ശരീരത്തിന് ജനിക്ക വളരാ മുതലായിട്ടുള്ള ഉണ്ട് ആത്മാവിന് ഇതില്ല അസ്ഥി വർദ്ധത വിപരിണമതെ അപക്ഷീയ തിഷ്യതി എന്ന ആറു ഭാവങ്ങള് ശരീരത്തിടും പക്ഷെ ആത്മാവിനെ ഇത് ബാധിക്കണില്ല പന്ത്രണ്ട് ലക്ഷണങ്ങൾ ആത്മാവിന് പറഞ്ഞു കൊടുത്തു ആ നിത്യമായിട്ടുള്ളത് ശരീരമോ ആയിട്ടുള്ളത് ആത്മാ അവ്യയമായിട്ടുള്ളത് ഇത് ശരീരമോ വ്യയമാവുന്നത് ആ ശുദ്ധമായത് ശരീരമോ അശുദ്ധമായത് ആത്മാക്കം ശരീരം അനേകം ആത്മാരജ്ഞൻ ശരീരം ക്ഷേത്രം ആത്മാ ആശ്രതായിട്ടുള്ള വസ്തു ശരീരം ആശ്രിതമായ വസ്തു ആത്മാ വികാരമില്ലാത്തത് ശരീരം വികാരമുള്ളത് ആത്മാ ദൃക്ക് ശരീരം ദൃശ്യം ആത്മാ ഹേതു ശരീരം കാര്യം ആത്മാഅസവ്യാപി ശരീരം പരിച്ഛിന്നായിട്ടുള്ളത് ആ അസംഖി ശരീരം സംഘമുള്ളത് ആത്മാവൃതൻ ശരീരം ആവൃതമായിട്ടുള്ളത് ഇങ്ങനെ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു സ്വപ്നം സുഷുദ്ധി ഇതൊക്കെ മൂന്ന് സ്വപ്നങ്ങൾ പോലെ ഈ ജീവന്റെ മുമ്പിൽ ഇതിനൊക്കെ സാക്ഷിയായിട്ടുള്ളവനാണ് പുരുഷൻ ആ പുരുഷനെ കണ്ടെത്തണം ഉള്ളിലുള്ള ബോധവസ്തുവിനെ കണ്ടെത്തണം കണ്ടെത്തിയിട്ട് സർവവസ്തുക്കളിലും ഹരിണു എന്നറിയണം തന്നിൽ ആത്മാവായും തരാതരങ്ങളിലും ഭൂതാത്മാവായും വസിക്കണു എന്ന് കണ്ടെത്തി സർവഭൂതങ്ങളിലും സർവഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വര എല്ലാ ഭൂതങ്ങളും ഭഗവാനിരിക്കണു എന്ന് കണ്ടെത്തി സദാത്മാരാമനായി ഇരിക്കണം എന്ന് പറഞ്ഞ് സ്പർശനും ചുർദീക്ഷയും യോഗദീക്ഷൊക്കെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് കൊടുത്തു അങ്ങനെ ഗർഭത്തിലിരിക്കുമ്പോ തന്നെ ആ കുഞ്ഞെ ബ്രഹ്മവിദ്യയെ സ്വീകരിച്ചു അങ്ങനെയാണ് ജനിക്കുമ്പോഴേ പ്രഹ്ലാദ കുട്ടി ജനിക്കുമ്പോഴേ ചിരിച്ചു ജനിച്ചു അത്രേ ആനന്ദമായിട്ട് ജനിച്ചു അപ്പൊ പാദ ആനന്ദം സാധന ചെയ്തു വന്നിട്ട് സാധന ബ്രഹ്മവിദ്യ വരില്ല സാധനയൊക്കെ തന്നെ ചിത്തശുദ്ധി സാധനൊന്നും ജ്ഞാനത്തിന് സാധ്യമല്ല സം കേവലം ഗുരുപദേശം കൊണ്ട് മാത്രം ദേശത്തിനെ ഗ്രഹിച്ചാൽ ആ ക്ഷണത്തിൽ ബ്രഹ്മവിദ്യ സർവചരാചരങ്ങളും ബ്രഹ്മമയമായി പ്രകാശിക്കും സാധനയൊക്കെ തന്നെ കർമ്മമാണ് കർമ്മം കൊടുക്കലും പൂർണമായ വസ്തുവിനെ പിടിച്ചെടുക്കാൻ കഴിയില്ല മഹർഷി ഉപദേശിച്ചു ധ്രുവനെ മാതിരി അഞ്ചു വർഷം അഞ്ച് വയസ്സുള്ള ധ്രുവൻ കഠിന തപസ് ചെയ്ത പോലെയൊന്നും പ്രഹ്ലാദം ഗർഭത്തിലിരിക്കുമ്പോഴേ ഗ്രഹിച്ചുത്തു വരുമ്പോ ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം കുട്ടിക്ക് കാക്ക പരമാത്മസ്വരൂപം ആ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഗോപാലോത്തന്മനസ്തയാ കൃഷ്ണഗ്രഹീതാത്മാനവേദ ജഗതീതു ആസീന പര്യടനശ്ശയാ നബിബൻ ബ്രുവൻ നസന്ദത്തേതാനി ഗോവിന്ദ്രിരംഭിത ക്വചിരുതതി വൈകുണ്ഠ ചിന്താ ശബളചേതം ക്വചിത് ഹസതി താഹ്ലാദ്തി നദതി ക്വചിതുണ്ടോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വദ് ഭാവനായുക്തന്മയോ അനുചകാര കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഹിരണ്യകശിപ്പ് ചെറിയ വാള് ചെറിയ ചെറിയ കത്തി അതൊക്കെയാണല്ലോ അസുരമുള്ള കളിപ്പാട്ടങ്ങൾ കുട്ടിക്ക് ചെറുപ്പത്തിലെ ഹിംസാബുദ്ധി വളരെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക് കുട്ടിയും എടുത്തോണ്ട് പോയി അച്ഛന്റെ നേരെ തന്നെ ചൂണ്ടു അപ്പൊ ദോഷം നന്നായി കുട്ടിയെ നല്ല വണ്ണം വളരണുപോലെ ഹിരണ്യകശിപൂം കുറെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു കുട്ടി അതൊക്കെ ക്രീഡരംഗങ്ങളൊക്കെ വലിച്ചെടുത്തു അതൊക്കെ വെച്ചു ചിലപ്പോ ജഡം പോലെ ഇരിക്കും ജഡവത്മനസ്തയാ ആത്മസമാധി കൃഷ്ണഗ്രഹഗൃഹീതാത്മാണൻ ഇങ്ങോട്ട് വന്നൊരു ഗ്രഹം പോലെ പിടിച്ചു കൃഷ്ണൻ ഇങ്ങോട്ട് ഗ്രഹബാധ എന്ന് പറയില്ലേ ഇവിടെ കൃഷ്ണയാണ് കൃഷ്ണൻ വന്ന് പിടിച്ചു ഭഗവാൻ രമണശി തന്റെ അനുഭവത്തിനെ പറയുമ്പോ ഭഗവാൻ പിടിക്കുക അതാണ് മിസ്റ്റിക്സ് യോഗികളുടെയും ജീവൻമുക്തി ജ്ഞാനികളുടെയും ഭക്തന്മാരുടെയും ഒക്കെ അനുഭവം അതാണ് ഭഗവാൻ ഇങ്ങുടിക്കണോന്നാണ് നമ്മൾ അങ്ങോട്ട് പിടിക്കുന്ന ആയി പോയിക്കൊണ്ടേയിരിക്കും ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോ ഒരു സാധനയും വേടാ പിന്നാലെ പെയ്ത്തനം വികത്തിലുള്ള പെയ്ത്തനം പെയ്തനം എന്ന് വെച്ചാൽ പെയ് പോലെ പ്രേതം പോലെ നടക്കണു മനുഷ്യൻ അജ്ഞാനിയായി അതുപോയിട്ട് ഭഗവാൻ ഇങ്ങോട്ട് ഒരു പ്രേതം പിടിച്ച പോലെ പിടിച്ചു അത്രേ വിടാപ്പേയായി പിടിത്തനെ ഒരിക്കലും വിടപ്പെയ് ഒരു ഭൂതം പോലെ ഭഗവാൻ ഇങ്ങോട്ടേറെ പിടിച്ചു എന്നിട്ടോ സ്വയമേവ ജ്ഞാന ഭൂതം പോലെ ആയിത്തീർന്നു അങ്ങനെ ഭഗവാൻ വന്ന് ഇങ്ങോട്ട് കയറി പിടിക്കാം വിടാത്തനൈ പേയനാക്കിന അപ്പൊ ഇവിടെ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ പ്രഹ്ലാദന്റെ കൃഷ്ണൻ കയറി പിടിച്ചു പരമാത്മാ കയറി ഗുരുവായൂരപ്പൻ അങ്ങോട്ട് കയറി പിടിച്ചു മറക്കാൻ വൈ രാവും പകലും ചിലപ്പോ ചിരിക്കും അറിയും ചിലപ്പോ അങ്ങനെ സമാധിയിലിരിക്കും ചിലപ്പോ നർത്തനം ചെയ്യും ചിലപ്പോ നിശ്ചിന്തനായിരുന്ന ആനുപൊഴിച്ചുകൊണ്ട് കണ്ണീര് വിട്ടുകൊണ്ടിരിക്കും ആനന്ദം കൊണ്ട് കണ്ണീര് വിട്ടുകൊണ്ടിരിക്കും പുളകമുണ്ടാവും രോമാഞ്ചമുണ്ടാവും അനേക ഭാവസമാധികൾ പ്രഹ്ലാദനിൽ വന്നും കൊണ്ടിരിക്കുന്നു സർവചരാചരത്തിനെയും ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള പ്രഹ്ലാദന ശിശുരപിത സമേത്യത്വരതി ഭക്താരദാഹരണം പ്രഹ്ലാദം പ്രഹ്ലാദന ശേഷമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ സ്ഥാനം അങ്ങനെ പ്രണാഥൻ പരമഭക്തനായിട്ടിരുന്നു എല്ലാവങ്ങളും കണ്ടു അങ്ങനെയുള്ള കുട്ടിയില് കുട്ടിയെ സ്കൂളില് കൊണ്ടു ചെന്നാക്കി പാഠശാലയിൽ കൊണ്ടുചെന്നാക്കി പാഠശ അടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചു വിളിച്ചും അടിയിലിരുതി എന്തൊക്കെ പഠിച്ചു പറയൂ നോക്കട്ടെ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അവരുടെ വിദ്യാലയത്തില് മുഖ്യമായി പ്രിൻസിപ്പൽ ശുക്രാചാര്യ അദ്ദേഹം ഉണ്ടല്ലോ പ്രഹ്ലാദൻ ജനിച്ചതേ ഒരു തീർത്ഥയാത്ര പുറപ്പെട്ടു അദ്ദേഹത്തിനറിയാം ഈ കുട്ടിയെവിടെ കൊണ്ടാക്കും നമ്മളെ കൊണ്ട് വേണ്ടാത്തക്കെന്ന് അറിയാം അദ്ദേഹം പറഞ്ഞു ഞാനൊരു തീർത്ഥയാത്ര പോയിട്ട് വരാമെന്ന് ഒരേ അദ്ദേഹം വിചാരിച്ചിട്ട് നന്നാക്കാൻ പറ്റാത്ത രണ്ട് മക്കൾ അദ്ദേഹത്തിന് രണ്ട് ശക്മാർ അവരെ അവിടെ അധ്യായന്മാരായിട്ട് ഇരുത്തി എന്നിട്ട് അദ്ദേഹം ശുക്രാചാര്യർ ഒരേ ഭക്രത്ത യാത്രയ്ക്ക് അപ്പോഴാണിത് ആ പ്രഹ്ലാദനെ അവിടെ കൊണ്ടുചെന്ന ഹിരണ്യാക്ഷന്റെ പേരിലാണ് സ്കൂൾ നടത്തണത് ഹിരണ്യാക്ഷാവിൽ കോൺവെന്റ് നാട്ടുമുഴൻ അവിടെ കൊണ്ടുചെന്ന് ആക്കി പ്രഹ്ലാദനെ അവിടെ പഠിപ്പിച്ചു എന്താ ലോകവിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഹിരണ്യകശ്യപു എടുത്ത് മടിയിൽ വെച്ച് ചോദിച്ചു കുന്താ പഠിച്ചിരിക്കണത് കഥ്യത മന്യതേ സാധു യത് ഭവാന് എന്താ പഠിച്ചിരിക്കണോ പറയൂ നോക്കൂ എന്ന് പറഞ്ഞു ചോദിച്ചതും തത് സാധു സദാസമുദ്വിഗ്നധിയാഗൃത് ഹിത്വാത്മപാതം ഗൃഹം അന്ധകൂപം വനം ഗതോ യദ് ഹരിമയേത ഹേ അസുരവര്യന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അച്ഛ നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളപ്പോഴും നമ്മളുടെ ബുദ്ധി ചലിച്ചുകൊണ്ടേയിരിക്കും മനസ്സ് ചപലം അതുകൊണ്ട് ഈ വീട് എന്ന് പറയട്ട കിണറിനെ വിട്ടിട്ട് ഈ വീടൊരു പൊട്ടക്കിണർ ഇരുളടഞ്ഞ പാഴടഞ്ഞ കിണർ അവിടെന്നാൽ ജീവിതം ദുരിതപൂർണമായിട്ട് പോകും അവിടെത്തരം നമ്മളുടെ മനസ്സിന് തോന്നിക്കൊണ്ടേയിരിക്കും സത്യമല്ലാത്തതൊക്കെ സത്യമാണോ തോന്നും എവിടെയെങ്കിലും കാട്ടില് പോയി ഒരു മരത്തടിയിൽ ചുവട്ടിൽ ഇരുന്നിട്ട് അരി ആശ്രയി കേട്ട ഭഗവാനെ നമ്മൾ ഇവിടെ വന്നിരിക്കണത് എപ്പോഴും കരഞ്ഞിടമിച്ചിട്ടും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ടും ദ്വേഷിച്ചിട്ടും ടെണിച്ചിട്ടും എന്ത് വേണം ചത്തുപോവില്ലേ എന്നോന്നറിയില്ല എത്ര ദിവസം ഇരിക്കും അറിയില്ല ഇവിടെ കരഞ്ഞിട്ട് എന്ത് വേണം വേണം ഇവിടെ നമുക്ക് നിശ്ചിന്തമായി ഇരുഭജനം ചെയ്യണം കാര്യങ്ങളൊക്കെ എങ്ങനെയോ നടക്കട്ടെ ആരോ കൊറയോനോ കേട് വന്നിട്ടോ എങ്ങനെയോ പോകട്ടെ കേട് കേട്ട് പോകട്ടെ സുഖമായിട്ട് ഏകാന്തത്തിൽ ഇരുന്ന് ഹരിഭജനം ചെയ്യണേ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഹിത്വാ ആത്മഗൃഹബന്ധകോപം എന്ത് ബുദ്ധി കുട്ടിക്ക് ആ കുട്ടിയുടെ നമുക്ക് വരണില്ലല്ലോ ആ കുട്ടി പറയണു ആകാത്തം എന്നാണ് നമ്മളെ ആത്മാവിനെ പതിപ്പിക്കണത് ആവിനെ കേടുവരുത്തണത് എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു വയസ്സമേ പിന്നെയും വേണ്ടാതെ അവരെയും ഇവരെയും കുറിച്ച് ആലോചിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കും പേരക്കുട്ടിക്ക് കല്യാണമായില്ല അവർക്ക് ജനിച്ചില്ല ഇവർക്ക് ജോലി ശാശ്വതമാണോ വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ച് പോയ വിശ്വസനവും മുത്തശ്ശിയോ അവിടെ പേരക്കുട്ടിയുടെ കുട്ടിയായിട്ട് വന്ന് ജനിക്കും പോയ ബോക്കറ്റ് അശാശ്വതമായിട്ടുള്ള ഇവിടെ സമാതരിക്കേണ്ടേ സന്തോഷമായിട്ട് ഭഗവത് ഭജനം ചെയ്ത് ആനന്ദം ഈ മനുഷ്യ ശരീരം ഇങ്ങനെ കളയാൻ പാടുവുന്നുണ്ട് വനം ഗതോ യത് ഹരിവാശ്രയ ഭജനം ചെയ്യണം ഇത് കേട്ടത് ഇരണ്യകശവും വന്നു പക്ഷെ ചിരിച്ചു ഈ കുട്ടിയെ ആരോ എന്തോ വേണ്ടടിപ്പിച്ചിരിക്കും ഞാൻ നിശ്ചയിച്ചിട്ടുള്ള സ്ഥല ഇന്റർപൊളേഷൻ നടക്കുകയാണ് ഇവിടെ എന്തൊക്കെയോ കയറ്റിയിരിക്കണം അപ്പോ ഈ കുട്ടിക്ക് അപ്പോ ശരിയാഭ്യാസം കൊടുക്കണം ചണ്ടാമറുക്കന്മാരെ വിളിച്ചു ശരി കുട്ടി ആരോ വിഷ്ണുപക്ഷ വിഷ്ണുപക്ഷന്മാരായിട്ടുള്ള ആരോ വന്നിട്ട് എന്തൊക്കെയോ പഠിപ്പിക്കുക അതുകൊണ്ട് ശരിക്കേ പഠിപ്പിക്കാം അവര് ഇത് പ്രഹ്ലാദം പറഞ്ഞപ്പോഴാണ് അവർ ആദ്യമായിട്ട് കേൾക്കണത് എന്നെയൊക്കെ പറയണോ കുട്ടിന്ന് പതുക്കെ കൂട്ടിക്കൊങ്ങാസ്യം തവ ചരണ നിജസുദേ ത്തിൽ മുഴുവൻ ഹരിഭജനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹിരിയ കഷ്ടിലുള്ള ആള് ഹരിഭജനം ചെയ്താൽ എങ്ങനെയുണ്ടാവും സദൃഷ്ടി അശിശിക്ഷിരം ആ ദുഷ്ടാത്മാവ് വീണ്ടും ഗുരുകുലത്തിലേക്ക് അയച്ച് പഠിപ്പിച്ചു പഠിപ്പിക്കുന്നത് അത്ര വലിയ തെറ്റാണോ അത്ര ഈശ്വരനെ അല്ലാതെ പ്രാമുഖ്യ പഠിപ്പിച്ചാലും ഒരു തെറ്റെന്ന് രാമകൃഷ്ണപരമസിലേക്കു മൈ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രസംഗം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു ഈ വാസ് എ വെരി പ്യുവർ മാൻ ബിക്കോസ് ഹി നെവർ ടച്ച് ദ ഗെയിറ്റ്സ് ഓഫ് ആൻഡ് യൂണിവേഴ്സിറ്റി വളരെ ശുദ്ധൻ യാതൊരു വിധത്തിലും കളങ്കം ബാധിക്ക ചിത്രം അപ്പോ ഗുരുശി ശിക്ഷ ചിരമ ചെന്ന് പഠിപ്പിക്കാൻ ഇവര് പതുക്കെ വിളിച്ചോണ്ട് പോയി പ്രഹ്ലാദ് ചോദിച്ചു പ്രഹ്ലാദ വത്സഭദ്രേ കുഞ്ചേ നീ നന്നായിരിക്കണം ഞങ്ങളും നന്നായിരിക്കണം ഞങ്ങളുടെ വയറ്റപ്പഴുപ്പ് ഇല്ലാതാക്കരുത് എന്തൊക്കെയോ പറഞ്ഞുവല്ലോ അച്ഛൻ ചോദിച്ചപ്പോ ഇതൊക്കെ ആരു ഇത് സ്വയം പഠിച്ചതാണോ അല്ലാരെങ്കിലും ചൊല്ലിത്തന്നതാണോ ഭക്തി വരുമ്പോ ഇങ്ങനെ ചോദിക്കാവോ പ്രഹ്ലാദം പറഞ്ഞു ഏതൊരു ഭഗവാന്റെ മഹാമായാവം കൊണ്ട് ഞാൻ വരെ മറ്റുള്ളവൻ വരെ മറ്റുള്ളവൻ പഠിപ്പ് സ്വയം പഠിച്ചത് എന്നൊക്കെ തോന്നുന്നു സ്വപരശ്ചേതി അർഹ പുംസാമ്യൻമാസ്മൈ ഭഗവതേന ആ ഭഗവാൻ നമസ്കാരം കാന്തത്തിനോട് എന്തിന് ഇരുമ്പിനെ ആകർഷിക്കണമെന്ന് ചോദിച്ചാൽ അതിനറിയില്ല ഇരുമ്പിനോട് കാന്തത്തിന്റെ അടുത്ത് പോകണമെന്ന് ചോദിച്ചു അറിയില്ല ഇത് സ്വഭാവം അതുപോലെ ചക്രവാണി ഭഗവാൻ എന്റെ ഹൃദയത്തിനെ ആകർഷിക്കണം കോപം വന്നു ചൂരലുകൊണ്ടുവരൂ അരേ അനിയതാം അസുരന്മാരാവുന്ന ചക്കാട്ടിൽ ഇതാ ഒരു മുൾച്ചെടി എന്നാണ് ചന്ദനക്കാട്ടിലെ മുൾച്ചെടി കണ്ടകദ്രുമഹ പ്രഹ്ലാദൻ ഞിയും ഈ അസുരന്മാര് ചന്ദനക്കാടും അങ്ങനെയാണ് അവരുടെ ഭാവം അവരവരുടെ നാറ്റം അവരവർക്ക് മണം ബാക്കിയുള്ളവരുടെ സുഗന്ധം പോലും നമുക്ക് അങ്ങനെയാ രാമകൃഷ്ണപരമോഹം സർ പറയണ ഒരു കഥ മീൻ വിൽക്കാൻ പോണ കൊറേ പേര് ഇങ്ങനെ മീൻ വിറ്റ് പോണ വഴിയില് ഒരു പൂക്കച്ചവടക്കാരന്റെ വീട് എത്തി സന്ധിയിരിക്കണു അവിടെ ചെന്ന് കിടക്കാനൊരു സ്ഥലം ചോദിച്ചു കിടന്നോളാം ആ പൂ വെച്ചിട്ടുള്ള മുറിയിൽ കിടന്നോളാന്ന് അവിടെ പോയി കിടന്നപ്പോ പുഷ്പത്തിന്റെ സുഗന്ധം ഉറങ്ങാൻ പറ്റുന്നു ആ സുഗന്ധത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഞാനും മതിയായി ഉറക്കം വരാതായി ആ മീൻ പാത്രം അടുത്ത് വെച്ചിരി വെള്ളം തെളിച്ച വാ നാറ്റിയാലേ ഉറക്കം വരുള്ളൂ എന്നാണ് അപ്പം സുരാരീണാം ഹാസ്യം ശരണദാസ്യം പ്രഹ്ലാദനെ കൊറേ പഠിപ്പിച്ചു അർത്ഥകാമങ്ങളൊക്കെ പ്രഹ്ലാദനൊന്നും ഉൾക്കൊണ്ടില്ല ഗുരു പുരോക്തം ചാസൗ ഇതമിദം അഭദ്രായ ദൃഢം അപാകുറുവൻ സർവം ശരണഭക്തിയ വൃധേ गुर पढ़िपे भद्रमणुजा रेनेट पर चविको भद्र कद्रम कर्णे शृणुम देवा भद्रम पश्येमत्रा स्थि तुष्टुवांसनूभि व्यशेम देवित यदायु നല്ല സ്ഥിരമായി ശരീരത്തോടുകൂടെ ദേവന്റെ നമുക്ക് തന്നിട്ടുള്ള ആയുസ് ഭഗവാൻ അർപ്പായിട്ട് തന്നെ ഉപയോഗിക്കണം അങ്ങനെയുള്ള ഭദ്രം ഇതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ അഭദ്ര എന്ന് പ്രഹ്ലാദൻ വിവേചനം ചെയ്തു ഇതമിതം അഭദ്രായി ദൃഢമിത്യവാകുറവൻ സർവരണഭക്തിയധെ ഭഗവത് ശരണത്തിലുള്ള ഭക്തിയെ അഭിവൃദ്ധിപ്പെടുത്തി അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു एण कशिपड़ मेल वचु कुंो चोदच कुंे अच्छा एं कुे पढ़ का अच्छा ए चोद अधीतेषु शिष्ट किमी परीतेथन ये भगवक्ति वर्म अभिगत पर्याकुधती ഗുരുഭ്യോ റോഷിത് സഹജമതിരസ്യേത്തി വധോപായേ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി മടിയിൽ എടുത്തു വെച്ചു പ്രഹ്ലാദ അനു താത് അതീതം ഉത്തമം കുഞ്ഞേ എന്താ പഠിച്ചത് എന്ന് പറയൂ എത്ര കാലം എന്ത് പഠിച്ചു ആയുന്ന് എന്ന് വിളിച്ചു നല്ല ആയുസ് നന ഗൃഹായുസ് ഞാൻ കൊല്ലണം എന്ന് വിചാരിച്ചാൽ നീ മരിക്കില്ല അച്ഛന്റെ വക ആശീർവാദം എന്നിട്ടാണ് ചോദിക്കുന്നത് പറയൂ കുട്ടി എന്താ പഠിച്ചത് ഇഞ്ചിതുത്തമം അപ്പനെ പ്രഹ്ല പറയൂ താത നമ്മളിപ്പത്തിലൊന്നും ആ പ്രയോഗമില്ല പഴയ മലയാളത്തിൽ ചിലപ്പോൾ താത കുഞ്ഞെ പ്രഹ്ലാദ പറയൂ എന്താ പഠിച്ചത് പ്രഹ്ലാ അച്ഛൻ ചോദിച്ചോടെ സന്തോഷമായിട്ട് പറഞ്ഞു ശ്രവൺ കീർത്തനം വിഷ്ണുഹോ ശ്രവണം കീർത്തം ഉം ഉം സന്തോഷപ്പെട്ടു വീരണേ കൃഷി കീർത്തനെന്ന് പറഞ്ഞപ്പോ എന്നെ കുറിച്ച് കേൾക്കണം എന്നെ അപ്പോഴാണ് വിഷ്ണോ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാ പിതാ വിഷ്ണു ഭക്തിശേത് ലക്ഷണ കിരത്തെ ഭഗവതി അദ് ഉം കോപം കൊണ്ട് ജ്വലിച്ചു ഹിരണ്യകശിപു ഗീതാഭക്തിയെ പറഞ്ഞതോടുകൂടെ മകനെ മടിയിൽ നിന്ന് എഴിച്ചു വലിച്ചെറിഞ്ഞു ബ്രഹ്മബന്ധോന്ന് വിളിച്ചു ചണ്ടാമർക്കന്മാരെ അവര് കിടകിടാ പറ മുമ്പിൽ വന്നു നിന്നു എന്താ ഈ പഠിപ്പിച്ചിരിക്കുന്ന കുട്ടിയെ വേണ്ടാത്തരം അസാരം ഗ്രാഹിത്തോ ബാല എന്തൊക്കെ വേണ്ടാത്തരം ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കണത് പറഞ്ഞു അങ്ങ് കോപ്പിച്ചിട്ട് കാര്യമില്ല ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല ഇവൻ കുറച്ച് ദിവസമായി ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പറയണു എന്ന് പറഞ്ഞ് അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളിതി എടുത്തിട്ട് പതിനഞ്ച് ദിവസമായി ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളിതൊക്കെ പഠിപ്പ് ഇത് ഞങ്ങള് പഠിപ്പിച്ചതല്ല നമത് പ്രണീതം പ്രണീതം സുതോതവേന്ദ്ര ശത്രു നൈസ്കീയം ും ഞങ്ങളോട് കോപിച്ചിട്ട് കാര്യമില്ല നൈസർഗീയം മതി ഇവൻ ജനിക്കുമ്പോഴേ നിസർഗമായി കുറിക്കും കൂടെ ഞങ്ങൾ നോക്കി ആരാടാ തന്നെ പഠിപ്പിച്ചത് എവിടെ നിന്ന് വന്നു കൃഷ്ണഭക്തി പ്രഹ്ലാവ് പരമവിനയമായി ശീതളമായി ഹിരണ്യകശിപുവിന് എത്ര ബി കൂടുന്നു അത്ര കണ്ട് പ്രഹ്ലാദൻ തണുത്തു തണുത്തു വരുന്നു ഹിരണ്യകശിപുവിനൊരു ബി പി കൂടുന്നു പ്രഹ്ലാദ ബി പ്രഹ്ലാദന് ഭഗവാൻസ് പ്രൊട്ടക്ഷൻ ഇങ്ങനെ കോപം കൂടിക്കൂടി എണ്യകശിപു ചോദിച്ചു എവിടെ നിന്ന് കൃഷ്ണഭക്തി കൃഷ്ണ എങ്ങനെ വന്നു ഓ നല്ല ചോദ്യം അച്ഛ പ്രഹ്ലാദം വിചാരിച്ചത് പാവം അച്ഛനും തോന്നി നല്ല ബുദ്ധിമുട്ടി വരണം ഭഗവത്ഭക്തി എണ്യകശിപുവിനു ഒരാശ വരില്ലേ പ്രഹ്ലാദനു ആശു ഈശ്വരേ തദ്ധീനേഷു ബാലിശേഷറ്റ്സുച്ച് പ്രേമ മൈത്രി കൃപോപേക്ഷരൂതി സമധ്യമ ഭക്തന്റെ ഒരു ലക്ഷണം പറയേണ്ടത് അതിനോട് ഭക്തി ഭഗവത് ഭക്തന്മാരോട് മൈത്രിഭാവം ഭഗവാനെ ഞാൻ ആരെങ്കിലും കിട്ടണം പ്രഹ്ലാദനോ അച്ഛനായി യേശുപുവിനോട് നല്ല സ്നേഹം അച്ഛനും മകനോട് നല്ല സ്നേഹം പ്രഹ്ലാദം വിചാരിച്ചു അച്ഛൻ നമ്മളുടെ അടുത്ത് വന്ന് കുറച്ച് ഭാഗവതം പറയാൻ പറയണം അപ്പോ ഇത്തരകാലമായിട്ട് അതിന് വിപരീതം കണ്ടിട്ട് ഇപ്പൊ ചോദിക്കണോ അച്ഛൻ എവിടുന്ന കൃഷ്ണഭക്തി ചോദിച്ചു വാഹ അച്ഛനും തോന്നിയല്ലോ ആ ഒരുദ്യം അച്ഛനെന്ന് കിട്ടിയപ്പോ പ്രഹ്ലാദന് നല്ലതേ തോന്നുന്നുള്ളൂ പ്രഹ്ലാദം വിചാരിച്ചു അച്ഛക്തിയുടെ മാർക്ക് ഞാൻ പറഞ്ഞുതരാം ഭക്തി ഈ സമയവയും വരില്ല ആരെങ്കിലും പറഞ്ഞു തന്നാലും വരില്ല തിന്ന കൃഷ്ണേ ഭരതസ്വതോ വധ്യേത ഗൃഹവ്രതാനം അതന്തോപിർവിശതാം തമിം പുനഃ പുനഃ ചർവിതണാനം ഈ ഗൃഹസ്ഥാശ്രമം വേണ ജയിലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ അവര് ചവച്ചതേ ചവച്ച് ചവച്ചതേ ചവച്ച് ചവച്ചതേ കൊണ്ടിരിക്കുന്നവർക്ക് കൃഷ്ണഭക്തി എവിടുന്ന് വരും യമേവ വരില്ല മറ്റുള്ളവര് പറഞ്ഞും വരില്ല പിന്നീട് മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ജനം പരമഭക്തന്മാരായി നാരദനെ പോലെയുള്ള മൃഗം കിട്ടി ആ പാദരജസ് അഭിഷേകം ചെയ്യണം കേശുവിനോട് പറയണം കോപം കൊണ്ടു വര കോട്ടു കൊല്ലണം എന്ന് തീരുമാനിച്ചു अस्मुत्ज भगवा प्रह्लादोपायधिक वरा व नोकी वधिकु इवे मरण ते चिंत भगवान शरणागति अद्त् प्रह्लाद वधिकन ऐर्पा ഹു മിതോ ദിഗ്ഗജഗണ മഹാസർപ്പൈ ദ അനശനഗരാഹിന്ദ്രാക്ഷി അഹ പമൻ വിഭോ ത്യി ന്യസ്തമു നിപീഡാ അഭജന എന്തൊക്കെ ചെയനയക്കൊണ്ടു കുത്ത ശൂലം താനായി അസുരന്മാരെ കൊണ്ടുപോയി എത്ര കുത്തിയാലും പ്രഹ്ലാദന്റെ മിക്കണെങ്കിലാണ് ഹരണ്യദശിച്ച് ശൂലം കൊണ്ടു കുത്തിയോ പ്രഹ്ലാദം വിചാരിച്ചിരിക്കുന്നത് എന്നോട് എത്ര സ്നേഹം ഓരോന്ന് കഴിയുമ്പോഴും അച്ഛനോട് സ്നേഹേറി വരണം കുട്ടികൾക്ക് ഓരോ സംഭവം കഴിഞ്ഞാൽ ജാതകർമ്മം നാമകരണം കർണവേധം ചൗളം അതുപോലെ ഓരോ സ്ഥലമാണ് ഈ ശൂലം കൊണ്ട് കുത്തണതും ആനയെ കൊണ്ട് ചവിട്ടുന്നതും ഉരുട്ടുന്നതും വിഷം കൊടുക്കണതും എന്നൊക്കെ അത്ര പ്രഹ്ലാദിച്ചിരിക്കണത് ഓരോന്ന് കഴിയുമ്പോഴും ശൂലം കൊണ്ട് കുത്തി കഴിച്ച അച്ഛാ ശൂലം കൊണ്ട് കുത്തിക്കഴിഞ്ഞു നമസ്കരി വിഷം കൊടുത്തു അച്ഛാ വിഷം കുടിച്ചാ ആനയെ കൊണ്ട് ചവിട്ടിയോ ആന കൊണ്ടിച്ചൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണു ഇങ്ങനെ അസുരസമ്പ്രദായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും മലയുടെ ഉരുട്ടിയോ ഉരുട്ടി പാമ്പ് കടിച്ചോ കടിച്ചു എന്താ ഇതൊന്നും ബാധിച്ചില്ല ആഹ പരമാ വിഭോ പരമാതായ ഭഗവാനിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പരിപൂർണമായി ശരണതി ചെയ്ത് സദാ ആത്മസ്വരൂപിയായി ഭഗവാനെ കണ്ടിരിക്കുന്ന കുഞ്ഞിനെ ബാധിച്ചില്ല കിമപീഠം അഭജത ഒരു പീഡയും ഉണ്ടായില്ല അങ്ങനെയുള്ള കുട്ടിയെ ഹിരകശിപോന് ശിചു തത ശാവിഷ്ട പുനഃ അതിദുഷ്ടനകോ ഗുരുക്യാഹേ വരുണ പാശൈത്തമരുണത്ത് ഗുരുശ്ശാസിധ്യേ സ പുനരനുഗാൻ ദൈത്യയാ തരമമ വിജാമശിഷത് ശങ്കാവിഷ്ടപ്പ ഇന്ദ്രൻ പോലും എന്നെ കണ്ടാ പേടിക്കും അങ്ങനെ ഇരിക്കും എന്റെട്ടിലുള്ള ഈ ഞാഞ്ഞൂള് എന്റെ മുമ്പിൽ ഇത്ര ധീര്യമായിട്ട് ഗൗരവമായിട്ട് ശാന്തമായിട്ട് നിൽക്കണു ഒരു ഭയരാതെ ഇവൻ ആര് എന്ന് സംശയിച്ചു അപ്പോ ഈ ചണ്ടാമർക്കന്മാര് വന്നു പറഞ്ഞു കുട്ടിയെ ഞങ്ങൾക്ക് വരാ കുറച്ചു കാലം വെക്കാം ഭൃഗുമഹർഷി വരട്ടെ ശരീരം വരട്ടെ അദ്ദേഹം വന്നാൽ അദ്ദേഹം പഠിപ്പിക്കുക അദ്ദേഹം വരികയില്ല അദ്ദേഹം എപ്പോഴൊന്നും വരില്ല അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം നരസിംഹം തൂണെന്ന് പുറത്തു വരണവരെ അദ്ദേഹം വരില്ല അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു സ്തുതി രചനായിട്ട് വരും നരസിംഹത്തിനെ കുറിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഗവൺമെന്റ് കാലം നമ്മൾ നാട്ടിലേക്കേ ഇല്ല അങ്ങടേക്ക് വരവേയില്ല അദ്ദേഹം പോയി തീർത്ഥയാത്ര തീർത്ഥയാത്രയായിട്ട് എവിടെങ്കിലും ആരെങ്കിലും കണ്ട അടുത്ത് കണ്ട തീർത്ഥനദിയിൽ മുങ്ങിക്കിടക്കും ആള് പോയിട്ടേ തല പൊക്കമുള്ളൂ എവിടെങ്കിലും ഇരണിക്കും ആളെ പറഞ്ഞുവെച്ചാലോ ശുക്രാചാര്യർ വരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വരികേ ഇല്ല അദ്ദേഹം ഒരു പോക്ക് പോയി അപ്പോഴാണ് രണ്ടാം അപ്പോഴാണോ പറഞ്ഞത് കുട്ടിയെ വിട്ടുതരിക ഞങ്ങൾ കുറച്ചു കാലം കൂടെ പാഠശാലയിൽ തി പഠിപ്പിക്കാം ചുട്ടുകൊടുത്തു കുട്ടിയെ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു അങ്ങനെയിരിക്കുമ്പോ പ്രഹ്ലാദന് എല്ലാ ഭക്തന്മാർക്കും കുറച്ചൊന്ന് അനുഭവിച്ചാൽ സത്സംഗം മറ്റുള്ളവരോട് പറയണം എന്ന് തോന്നില്ലേ ആനന്ദം സ്മാരയന്ത ശമിതോ അഗൗഖം ഹരിം ഭക്താതയ ഭക്തീ ഉത്പുളകാന്തനും അസ്മരിപ്പിക്കൽ ആണ് അതാണ് അത് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നാലുമണിയായി ബ്രേക്ക് കഴിഞ്ഞിട്ട് നോക്കാം അത്